അവർ ഇസ്ലാം സ്വീകരിച്ചതിനെ ഒരു ഉപകാരമായി നിങ്ങളെ അറിയിക്കുന്നു പറയുക നിങ്ങളുടെ ഇസ്ലാം സ്വീകരണത്തെ എന്നെ ഒരു ഉപകാരമായി കാണിക്കരുത് മറിച്ച് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ചതിലൂടെ അള്ളാഹുസുബാനഹു വത്തയാല ആണ് നിങ്ങൾക്കുപകാരം ചെയ്തത്